ചിദ്ഗർ അന്തരംഗ അഹമാത്മാഗൂാകേശർശയസ്ഥിത അഹം ആദിശ മധ്യം ഭൂതാനാം അന്ത ഏവച് ഞാൻ തന്നെ ആദി ഞാൻ തന്നെ മധ്യം ഞാൻ തന്നെ അന്തം അഹമാതി മധ്യം ചെ അന്തഏവച് സൃഷ്ടിക്ക് മുമ്പ് ഞാനേ ഉണ്ടായിരുന്നുള്ളൂ സൃഷ്ടിക്ക് ശേഷവും ഞാനേ ഉള്ളു അഹമേവ ആസമേവ അഗ്രേ ഇതിനുള്ള വ്യാഖ്യാനാണോ അവിടെ അഹമേവസ അഹമേവ ആസമഗ്രേ പശ്ചാത്തം യോ വശിഷ്യേതോസ്മേഹം മുമ്പ് ഞാൻ ഉണ്ടായിരുന്നു കഴിഞ്ഞു പോയാൽ ഞാനേ ബാക്കിയുണ്ടാവുള്ളൂ ഇപ്പൊ എന്തുണ്ട് അർജുന സൃഷ്ടിയൊക്കെ ഉണ്ടോ ഇപ്പോഴും ഞാനേ ഉള്ളൂ സ്വർണ്ണമാണ് വളയായിട്ടും മാലയായിട്ടും മോതിരായിട്ടും ഒക്കെ മാറിയത് വീണ്ടും ഒരുക്കിയാൽ സ്വർണമായിട്ട് മാറും വളയും മാലയും മോതിരമൊക്കെ ആയിട്ട് ഇരിക്കുമ്പോഴും സ്വർണമേ ഉള്ളൂ ത്രികാലയമായ സത്യം സ്വർണം അവിടെ ഉണ്ട് മണ്ണ് തന്നെ കൊടം ചട്ടിയൊക്കെ ആയിട്ട് അത് കൊടമായിട്ടൊക്കെ ഇരിക്കുമ്പോഴും മണ്ണ് തന്നെ അതുപോലെ ആത്മാവാണ് മുമ്പുണ്ടായിരുന്നത് ശരീരം മനസ്സൊക്കെ ഉണ്ടല്ലോ അതുമൊക്കെ ആത്മാ തന്നെ ആത്മാവേ ഉള്ളൂ ഇതൊക്കെ പോയി കഴിഞ്ഞാൽ എന്ത് അവശേഷിക്കും അഹമേവ അവശിഷ്യതേ പൂർണ്ണമേവ ആസീത് പൂർണമേവ അസ്ഥി പൂർണ്ണമേവ അവശിഷ്യതേ പൂർണമാണ് ഉണ്ടായിരുന്നത് പൂർണമാണ് ഇപ്പുള്ളത് പൂർണമാണ് അവശേഷിക്കാൻ പോകുന്ന പോകുന്നത് അതുകൊണ്ട് ആദൌ മധ്യേജ അന്തേജ അതിനൊരു യുക്തി എന്താ ആദൌ അന്തേജ എന്നാസ്തി വർത്തമാനേപി തത്തതാം കുറച്ചു കാലം മുമ്പ് ശരീരം ഒന്നും ഉണ്ടായിരുന്നില്ല കുറച്ചു കാലം കഴിഞ്ഞാൽ ഈ ശരീരം ഉണ്ടാവില്ല യുക്തി എന്താന്ന് വെച്ചാൽ എന്ത് കുറച്ചു കാലം മുമ്പ് ഉണ്ടായിരുന്നില്ലയോ എന്ത് കുറച്ചു കാലം കഴിഞ്ഞുണ്ടാവില്ലയോ അതിപ്പോ ഉണ്ടെന്ന് തോന്നിയാലും വാസ്തവത്തിൽ ഇല്ല എന്നാണ് അസതഹ വിദ്യത്തെ ഭാവ മുമ്പും ഏതൊന്നും ഉണ്ടായിരുന്നോ യാതൊന്നും ഇപ്പൊ ഉണ്ടോ യാതൊന്നു ആ ഉണ്മ അസ്തിത്വം ഉണ്ട് എന്നുള്ള സത് അതിനെ ഗ്രഹിച്ചാൽ ചിദ്ഗ്രഹണം ആ ഉണ്മയെ ഗ്രഹിക്കണതുണ്ടല്ലോ അതാണ് സമാധി ആ ഉണ്മയെ ഗ്രഹിക്കുന്നത് എങ്ങനെ ചെയ്യും അതിനെന്ത് സാധന ഒരു സാധന കൊണ്ടും ആ ഇരുപ്പിനെ ഗ്രഹിക്കാൻ സാധിക്കില്ല നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്താൽ നിങ്ങൾ പ്രവൃത്തി ചെയ്താൽ ശരീരം കൊണ്ട് എന്തെങ്കിലും ചെയ്താൽ കർമ്മത്തിൽ കൊടുങ്ങും നിങ്ങൾ ധ്യാനം മെഡിറ്റേഷൻ ചെയ്താൽ മനസ്സിൽ കൊടുങ്ങും നിങ്ങൾ വിവേചനം ചെയ്താൽ ബുദ്ധിയിൽ കൊടുങ്ങും കേവലമായ ചിത്ത് ഇരിപ്പ് അസ്തിത്വത്തിനെ അറിയണമെങ്കിൽ ഒരു കാര്യമേ ഉള്ളൂ ചുമ്മായിരുന്നു പഠിക്കണം മനുഷ്യൻ മാത്രമേ ഉള്ളൂ ചുമ്മാരിക്കാനറിയാത്ത പ്രാണി ബാക്കി എല്ലാത്തിനും ചുമ്മാരിക്കാനറിയാം വേണ്ട സമയത്ത് പ്രവർത്തിക്കും ചുമ്മാ മനസ്സ് പ്രവർത്തിക്കണമല്ലോ മനസ്സ് എന്തൊക്കെയോ തോന്നു തോന്നട്ടെ തോന്നിയപ്പ എന്താ തോന്നിക്കോട്ടെ ഞാൻ ചുമ്മാരിക്കും അതിനാണ് നിശ്ചല തത്വം ചുമ്മാ എന്നുള്ളത് സ്വരൂപമാണ് അതിന് മൈൻഡു ആയിട്ട് കണക്ഷൻ ഇല്ല ബോഡിയായിട്ട് ശരീരമായിട്ട് കണക്ഷൻ ഇല്ല അത് സത്വം വളരെ ാഘവത്തോടുകൂടെ എടുക്കരുത് ഇരുന്നു നോക്കാം എല്ലാ ഉപദേശവും കഴിഞ്ഞ് രാമലിംഗ സ്വാമികൾ പറഞ്ഞു ചുമ്മാ ഇരുന്നും പഴഹ് എന്നുവെച്ചാൽ ചുമ്മാ ഇരിക്കുക എന്ന് വച്ചാൽ ഉറക്കല്ല ചുമ്മാ ഇരിക്കുക എന്ന് വെച്ചാൽ ചുമ്മാ ഇരിക്കുക വെച്ചാൽ ഉപാസന ധ്യാനം ജപം ഒന്നുമല്ല പിന്നെ ചുമ്മാ ഇരിക്കൽ എന്ന് വെച്ചാൽ എന്താ ചുമ്മാ ഇരിക്കൽ ഇരുന്ന് നോക്കും ശരീരത്തിന്റെ പ്രവൃത്തിയോടും കൂട്ടു നിൽക്കണില്ല മനസിന്റെ പ്രവൃത്തിയോടും കൂട്ടു നിൽക്കണില്ല ഏറ്റവും വലിയ മഹാവാക്യോപദേശമാണ് ചുമ്മാര് ഒരുപാട് സിദ്ധന്മാർ കൊടുത്തിട്ടുള്ള ഉപദേശ തിരുവനന്തപുരത്ത് ഒരാള് പത്തിരുന്നൂറ്റമ്പത് ശ്ലോകങ്ങള് ഒക്കെ കൂട്ടിച്ചേർത്ത് ഒരു പുസ്തകം എഴുതി പല ആളുകളുടെ എല്ലാം ചുമ്മാ ഇരുന്ന് വരും അതില് പക്ഷെ അത് മലയാളം തിരുവനന്തപുരം മലയാളമായി പോയി പേര് കൊടുത്തപ്പോ ചുമ്മാ തിരിക്കും സൂത്രം ആയി ചുമ്മാ ഇരുക്കും സൂത്രം ചുമ്മാ സൂത്രം പോയി ചുമ്മാ തിരിക്കും സൂത്രമായി നമ്മളല്ലെങ്കിൽ തിരിഞ്ഞുകൊണ്ടിരിക്കാം ചുമ്മാ ഇരു ചൊല്ലറ് ഭവേ നിശ്വതോഭവ അങ്ങനെ നോക്കുമ്പോൾ ഒരു പ്രവർത്തിയുടെയും സമ്പർക്കമില്ലാതെ അഭിമാനത്തിന്റെ പോലും സമ്പർക്കമില്ലാതെ നിരന്തരം ആത്മാവായി ഭഗവാൻ സിദ്ധ വസ്തുവായിട്ടിരിക്കണമെന്ന് എപ്പോഴും സിദ്ധമായിട്ടിരിക്കണം എല്ലാ പ്രാണികളുടെ നമ്മൾ എല്ലാവരുടെ ഉള്ളിലും സർവഭൂതാശയ സ്ഥിത വാസ്തവത്തിൽ നമുക്ക് ഭക്തിയുണ്ടെങ്കിൽ ഈ ശ്ലോകം പഠിച്ചാൽ തന്നെ നമുക്ക് ഞാനായി എന്താണെന്ന് വെച്ചാൽ ഭഗവാൻ പറയണു കഴിഞ്ഞു ഭഗവാൻ പറയണു ഞാൻ ആത്മാവാണ് എല്ലാവരുടെ ഉള്ളിലും ഇരിക്കണെന്ന് പറയണു നമുക്ക് ശ്രദ്ധയും ഭക്തിയും ഉണ്ടെങ്കിൽ ഇതിൽ കൂടുതൽ സാധനമൊന്നും വേണ്ട ഭഗവാൻ പറഞ്ഞത് നമ്മൾ കാണും അല്ലേ ഒരു മജീഷ്യൻ പറയുമ്പോൾ എന്തൊക്കെയോ കാണണോ ആളുകൾ എന്നാലോചിച്ചോ ഒരു ഹിപ്പ്നോട്ടിസ്റ്റ് എന്തെങ്കിലും ചെയ്ത് ഞാൻ അയാൾ പറയണമെന്നൊക്കെ നമ്മൾ കാണും ഭഗവാന്റെ അടുത്ത് നമുക്ക് വിശ്വാസവും ശ്രദ്ധയും ഉണ്ടെങ്കിൽ ഞാനാണ് എല്ലാവരുടെ ഉള്ളിലിരിക്കുന്നത് അർജുന എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ ഉള്ളിലും നാരായണൻ ഉണ്ട് എന്നുള്ള വിശ്വാസം തന്നെ ദർശനം അഹമാതിശമധ്യം ചൂതാനാം അന്തയേവച് യും പറഞ്ഞിട്ട് വിശേഷ സാന്നിധ്യത്തിനെ ഭഗവാൻ എടുത്തു പറയുന്നു ഞാൻ ആത്മാവാണ് അപ്പൊ ആത്മാവിനെ അറിഞ്ഞവൻ ഞാനാണ് ആത്മാവായിട്ട് കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ എവിടെ ആത്മപ്രകാശം കൂടുതലുണ്ടോ എവിടെ ചൈതന്യത്തിന്റെ സാന്നിധ്യം കൂടുതലുണ്ടോ അതിനെയൊക്കെ അങ്ങടെ ആശ്രയിച്ചു അടുത്ത ശ്ലോകം നോക്കൂ ഹംം വിഷു ജ്യോതിഷാവിരംശുമാൻ മരീചിമരുതമി നക്ഷത്രാമഹം ശശീ ന്മാരിൽ ഞാൻ വിഷ്ണു ആവുന്നു ആദിത്യാമഹം വിഷ്ണു ജ്യോതിഷാംവി ര സൂര്യൻ ജ്യോതിഷികള് സൂര്യൻ ചന്ദ്രൻ നക്ഷത്രം അഗ്നി ഇതില് ഞാൻ സൂര്യനാകുന്നു എന്നുവെച്ചാൽ സൂര്യനാണ് നമ്മൾക്ക് പ്രത്യക്ഷമായി പ്രകാശമാനമായിട്ട് കാണുന്നത് വിഷ്ണു ആദിത്യൻ എന്നുവെച്ചാൽ ആ അതിഥിയുടെ മക്കൾ ദേവന്മാർ അല്ലേ അതിഥിയുടെ മക്കളാണല്ലോ ദേവന്മാരൊക്കെ ആ ദേവന്മാരില് ഭഗവാൻ വാമനനായിട്ട് ജനിച്ചു മനനായിട്ട് ജനിച്ച് ത്രിവിക്രമനായിട്ട് പ്രകാശിച്ചു ആദിത്യാനാമഹ വിഷ്ണു ആദിത്യന്മാരില് ത്രിവിക്രമനായിട്ട് ഭഗവാൻ പ്രകാശിച്ചത് കൊണ്ട് ആ വിഷ്ണുവാണ് ഞാൻ എന്ന് ഭഗവാൻ ഇവിടെ പറയാണ് വാമനൻ വാമനമൂർത്തിയായിട്ട് ജനിച്ച് ഖ ഇന്ദ്ര അനുജനായിട്ട് ഇന്ദ്രന്റെ അനുജനായിട്ട് ജനിച്ചു ഭഗവാൻ ത്രിവിക്രമനായിട്ട് തീർന്നു മഹാബലിക്ക് സർവവ്യാപിയായി ദർശനം കൊടുത്തു അങ്ങനെ ദേവന്മാരിൽ ഒരാളായിട്ട് ഭഗവാൻ ജനിച്ചു എല്ലാ യോനികളിലും ഭഗവാന്റെ സ്വേച്ഛോപാത്ത പൃഥക് വപുഹുണ്ട് എല്ലാ യോനികളിലും വിശേഷമായൊരു ജന്മം മത്സ്യത്തിലുണ്ട് വരാഹത്തിലുണ്ട് എല്ലാത്തിലുണ്ടല്ലോ സ്പെഷ്യൽ ആയിട്ട് ഒരു ബർത്ത് അല്ലേ സദ്യോജാതമുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ജനിക്കലുണ്ട് ആവിർഭാവമൂർത്തികളുണ്ട് ഇവിടെ അതിഥിയുടെ പുത്രന്മാരിൽ ഞാൻ വിഷ്ണുവാണ് ഇവിടെ ദ്വാദശാദിത്യന്മാര് ദാതാവ് മിത്രൻ അര്യമാവ് സൂര്യൻ വരുണൻ രുദ്രൻ ഭഗൻ വിവസ്വാൻ പൂഷാവ് സവിതാവ് ത്വഷ്ടാവ് വിഷ്ണു ഇതാണ് ദ്വാദശാദിത്യന്മാർ പന്ത്രണ്ട് ആദിത്യന്മാര് ഇവരില് ഭാരതത്തിലെ സംഭവപർവത്തിന്റെ ആരംഭത്തിൽ തന്നെ ദ്വാദശ ആദിത്യന്മാരുടെ ഉത്പത്തി വിവരിച്ചിട്ടുണ്ട് അവരിൽ ഏറ്റവും ഇളയവനാണ് വിഷ്ണു ഇതൊക്കെ ഭഗവാനെ വിഷ്ണു എന്നുള്ള പേരോടുകൂടി തന്നെ പല ജന്മങ്ങൾ അവതാരങ്ങളുണ്ട് കൃഷ്ണാവതാരത്തിൽ തന്നെ ഭഗവാൻ പറഞ്ഞു ഞാൻ ധാരാളം വന്നിരിക്കണു അതിഥിയുടെ പുത്രനായിട്ട് ജനിച്ചവരിൽ ഞാൻ വിഷ്ണുവാണ് ആദിത്യന്മാരിൽ ഞാൻ വിഷ്ണുവാണ് എന്ന് പറഞ്ഞു മരുത്തുക്കളില് മരീചി എന്ന മരുത്താണ് ജ്യോതിഷകളില് സൂര്യനാണ് സൂര്യൻ നമുക്ക് പ്രത്യക്ഷമായിട്ട് മരുത്തുകളുടെ ജന്മമൊക്കെ ഭാഗവത്തിൽ നോക്കിയാല് കാണാം മംഗളം മരുതാം ജന്മ സൂര്യൻ ഭഗവാന്റെ പ്രത്യക്ഷ സ്വരൂപമാണ് ആദ്യ സൂര്യനാരായണസ്വാമിനെ നമഹ എന്ന് പറഞ്ഞാണ് നമസ്കരിക്കുക സൂര്യൻ നാരായണന പ്രത്യക്ഷ ദൈവത്തമാണ് ആളുകൾ ജ്ഞാനികളെ എവിടെ കാണാൻ കിട്ടും എന്നൊക്കെ ചോദിക്കണു പ്രത്യക്ഷമായിട്ടുള്ള ഒരു ജ്ഞാനിയാണ് സൂര്യൻ ഉപനിഷത്തും വേദമൊക്കെ മറഞ്ഞുപോയാൽ വീണ്ടും സൂര്യനിൽ നിന്നാണ് എടുക്കുന്നത് സൂര്യനെ ഉപാസിച്ചാൽ എല്ലാം പ്രകാശിക്കും ചിലപ്പോൾ ചിലര് വിദ്വത് സന്യാസത്തിന് അധികാരികളായിരിക്കും ഗൃഹസ്ഥാശ്രമത്തിൽ നിന്നോ ബ്രഹ്മചര്യാശ്രമത്തിൽ നിന്നോ നല്ലവണ്ണം വേദാന്ത വിചാരമൊക്കെ ചെയ്ത് ആത്മസാക്ഷാത്കാരം നേടിയ ചില ആളുകൾ ഉണ്ടാവും സന്യാസം രണ്ടു വിധത്തിലാണ് ഒന്ന് വിവിധിഷ സന്യാസം രണ്ട് വിദ്വത് സന്യാസം വിവിധിഷ <Sanlyasana> സന്യാസമാണ് 99% നയൻ പെർസെന്റും ലോകത്തിലുണ്ടാവുക അതായത് ജ്ഞാനത്തിന് അവർക്ക് ഒരു വഴിയായിട്ട് എല്ലാത്തിനെയും വിട്ട് ഈ ത്യാഗം ചെയ്ത് അവർക്ക് സന്യാസം കൊടുത്ത് പിന്നീട് ഉപദേശിക്ക മഹാവാക്യം ഉപദേശിച്ച് അവര് സാധന ശ്രവണമനീധ്യാസനങ്ങൾ ചെയ്യും വിദ്വത് സന്യാസികൾ എന്ന് പറയുന്ന കാറ്റഗറി അവർ ബ്രഹ്മചര്യത്തിൽ നിന്നോ ഗൃഹസ്ഥാശ്രമത്തിൽ നിന്നോ തന്നെ ആത്മസാക്ഷാത്കാരം നേടിയിട്ട് ഈശ്വര നിയതി കൊണ്ടോ ഉപദേശം കൊണ്ടോ ജ്ഞാനനിഷ്ഠാ സംരക്ഷണത്തിന് വേണ്ടിയിട്ടോ ചിലപ്പോൾ സന്യാസം സ്വീകരിക്കും അങ്ങനെ എടുക്കുമ്പോൾ അവർക്ക് സന്യാസം കൊടുക്കാൻ ചിലപ്പോൾ ആർക്കും ധൈര്യം വരില്ല ആ സന്ദർഭങ്ങളിൽ അവരെക്കാളും ശ്രേഷ്ഠരുമാണല്ലോ കൊടുക്കാൻ അപ്പൊ സമ്പ്രദായത്തിൽ ആരെങ്കിലുമൊക്കെ കൊടുക്കുകയാണെങ്കിൽ പോലും സൂര്യനെ സാക്ഷിയായിട്ട് നിർത്തിക്കൊണ്ടാണ് സന്യാസം കൊടുക്കുക അപ്പൊ സൂര്യനാണ് അവിടെ കൊടുക്കണത് എന്നുള്ള അങ്ങനെ ആദിത്യൻ പ്രത്യക്ഷദൈവതം പ്രത്യക്ഷമായ ഭഗവാന്റെ സ്വരൂപമാണ് അതേപോലെ അടുത്ത ശ്ലോകം നോക്കൂ വേദനേദോസ്മേവാമസ്മി വാസവ ഇന്ദ്രിയം മനശ്ശാസ്മീ വേദാമേദ അഹമസ്മ നാല് വേദങ്ങളിലും പ്രാധാന്യം കൊടുത്തിരിക്കുന്ന സാമവേദത്തിനാണ് എന്താന്ന് വെച്ചാൽ സാമം ഉദ്ഗീതം ഉദ്ഗീതം എന്നാണ് വേദം പറയുന്നത് ചാന്തോകൃം ഈ ഉദ്ഗീതത്തില് ഉദ്ഗീതം കൊണ്ടാണ് ബ്രഹ്മത്തിനെ പിടിച്ചത് എന്നാണ് ദേവന്മാര് പല വഴിക്കും ആ ബ്രഹ്മാനുഭവത്തിനെ പിടിച്ചു നിർത്താൻ നോക്കി അത്ര ഒരു കഥ പോലെ പറയണ്ട് എന്തൊക്കെയോ മാർഗത്തിൽ പിടിച്ചു നിർത്തി നോക്കി ഇന്ദ്രിയങ്ങളുകൊണ്ട് ഉദ്ഗീതം ചെയ്തു വായ കൊണ്ട് പാടി സാധകന്മാരുടെ വിഷമങ്ങളെ ഒരു ഉപാഖ്യാന രൂപത്തിൽ പറയുകയാണ് ഇന്ദ്രിയങ്ങൾ കൊണ്ടൊക്കെ പാ ഉദ്ഗീതം ചെയ്തു പക്ഷേ അസുരന്മാരുവെന്ന് അതിനെയൊക്കെ കുറെ കഴിയുമ്പോൾ കളങ്കപ്പെടുത്തി കളഞ്ഞു അത്രേ ഓരോ ഇന്ദ്രിയങ്ങളെയും പറഞ്ഞു അവസാനം മനസ്സുകൊണ്ട് പാടി അതിനെയ അസുരന്മാരുവെന്ന് കുറെ കഴിയുമ്പോൾ കളങ്കപ്പെടുത്തി ഈ അസുരന്മാർ നിരന്തരം വന്നുകൊണ്ടേയിരിക്കുന്നതാണ് എവിടെയെങ്കിലും ഒക്കെ പഞ്ചസാര വെച്ചാൽ ഉറുമ്പ് വരില്ലേ അതുപോലെയാണ് അവർ എവിടെ അലൈവായിട്ട് ചൈതന്യമുണ്ടോ അവിടെ ഈ ഫോഴ്സും വന്നുകൊണ്ടേ തിന്നുകൊണ്ടേയിരിക്കും അത് അവസാനം മുഖ്യപ്രാണനെ ഉണർത്തി വിട്ടു എന്നാണ് ഈ മുഖ്യപ്രാണൻ കൊണ്ട് ഉദ്ഗീതം ചെയ്തപ്പോ അസുരന്മാരുടെ ആയുധങ്ങളൊക്കെ തന്നെ മൊനംപൊടിഞ്ഞുപോയി എത്രയുണ്ടോ ഒന്നും പ്രയോജനപ്പെട്ടല്ലേ അന്ന് മുഖ്യപ്രാണൻ ചിത് ശക്തി അതുകൊണ്ട് പാടപ്പെടുന്ന വേദമന്ത്രങ്ങളാണ് സാമം എന്ന് പറയുന്നത് ആ സാമഗാനം ഭഗവാൻ ഏറ്റവും ഹൃദ്യമായിട്ടുള്ളതാണ് കീർത്തനങ്ങളിലൊക്കെ ജീവൻ വരണത് ഈ മുഖ്യപ്രാണൻ അതിലുള്ളതുകൊണ്ടാണ് മുഖ്യപ്രാണനോടുകൂടി വേദഗാനം ചെയ്യാം സാമഗാനം മുഴുവൻ സാക്ഷാത്കാരം വരുമ്പോ യജുസ് പോലും സാമഗാനാണ് യജുർമന്ത്രത്തിൽ പോലും തൈത്രിയോപനിഷത്തില് ഞാനിക്ക് കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞപ്പോ ഹാ ഓഹാ വുഹ വു അഹമന്നമഹമന്നമഹമന്നം അഹമന്നാദോഹമന്നാദോ ഹമന്നാദ ജ്യാന്ത അന്ന്യാദണ് അന്നദൻ അഹഗശ്ലോകൃത അഹഗ ശ്ലോകകൃത അഹഗ ശ്ലോകൃത് അഹമസ് പ്രഥമചാരൃത പൂവേഭ്യോ അമൃത നായി അഹമന്നഹമന്ന ഞാൻ അന്നമാണ് ഞാൻ അന്നാദനാണ് എന്നുവെച്ചാൽ ചൈതന്യദർശനം മാറ്റർ വരയ്ക്കും വന്നു ജഡപദാർത്ഥമൊക്കെ ഞാനാണ് ജഡപദാർത്ഥത്തിന് ഭുജിക്കുന്നവനും ഞാനാണ് അഹമസ്മി പ്രഥമജാ രുതാസ്യൻ ഈ സൃഷ്ടിയുടെ ഒക്കെ തന്നെ ഋതം ഋതത്തിനൊക്കെ തന്നെ പരിപാലന പൂർവജന്മ പൂർവജന്മാവാണ് അമൃതസ്യനാഭിഹി എന്ന അങ്ങനെയാണ് സാമഗാനം ആ സാമഗാനം ഭഗവാൻ പറഞ്ഞു ഞാൻ വേദത്തിലെ സാമവേദമാണ് സാമവേദം വൈദുഷ്യം സംഗീതാത്മക സംഗീതത്തിനൊക്കെ മൂലം സാമമാണ് സാമവേദത്തിൽ നിന്നാണ് സംഗീതം വന്നതാണ് സാമവേദത്തിൽ പല രൂപത്തിലുള്ള സംഗീതം പിരിഞ്ഞു വന്നത് സാമഗാനം സാമം എന്ന് പറഞ്ഞാൽ തന്നെ ശാന്തമുണ്ട് സമസ്ഥിതി സാമവേദം കേട്ടുകൊണ്ടേരുന്ന മനസ്സങ്ങനെ സമാഹിതമായി സമാധിസ്ഥിതിയിലേക്ക് ലയമാണ് അതുകൊണ്ട് ഭഗവാൻ ഇവിടെ പറഞ്ഞു വേദാണാം സാമവേദോസ്മി ദേവന്മാരില് ഞാൻ ഇന്ദ്രനാണ് ദേവാണാമസ്മി വാസവ ഇന്ദ്രിയാണാം മനഹ ഇന്ദ്രിയങ്ങളില് ഞാൻ മനസ്സാണെന്ന് പറഞ്ഞു മനസ്സ് ഇന്ദ്രിയാണോ മനസ് ഇന്ദ്രിയ ആണെന്നാണ് മനസ്സാണ് ഇന്ദ്രിയം എന്നാണ് ഈ ഇന്ദ്രി കണ്ണ് ചെവി മൂക്കും ഒക്കെ വെറും ദ്വാരം ഓട്ടകൾ മാത്രാണ് ഈ ദ്വാരങ്ങളിലൂടെ ഈ ഓട്ടകളിലൂടെ ഈ തുളകളിലൂടെ പുറത്തേക്ക് വരണത് സുഷിരങ്ങളിലൂടെ ദ്വാരി ആയ മനസ്സാണ് ശരീരം മുഴുവൻ ഒരു ദ്വാരക്ക ആണ് ഒരുപാട് ദ്വാരാണ് ക്കെയാണ് ഇത്ര ദ്വാര ഒമ്പത് ദ്വാരം മുഖ്യദ്വാരങ്ങളുണ്ട് പിന്നെ ധാരാളം ചെറിയ ചെറിയ ദ്വാരങ്ങളുണ്ട് ഇത്രയും ദ്വാരങ്ങളുള്ള ഒരു ഓട്ടപാത്രം ആ ദ്വാരകാധീശനായിട്ട് അന്തര്യാമയായി ഭഗവാൻ ഉള്ളിലിരിക്കുന്നുണ്ട് അട്ടെ അപ്പോ ഇന്ദ്രിയങ്ങളൊക്കെ തന്നെ ദ്വാരങ്ങളാണ് ഇന്ദ്രിയങ്ങളിലൂടെ പുറമേക്ക് വന്ന് ലോകത്തിനെ ഗ്രഹിക്കുന്ന ശക്തി മനസ്സായതുകൊണ്ട് ഇന്ദ്രിയാണാം മനഃച് അഹമസ്മീ മനഃഷ്ടാണി ഇന്ദ്രിയണി എന്നാണ് പറയുന്നത് മനസ്സോടുകൂടി ആറ് ഇന്ദ്രിയങ്ങള് അപ്പോ ഭൂതാണസ്മി ഭൂതങ്ങളില് ഞാൻ ചേതനയാണ് സർവഭൂത എന്താ യാവീ സർവഭൂത ചേതനേത്യധീയത നമസ്തൈ നമസ്തൈ നമസ്തൈ നമോ നമ ചേതന ഭൂതങ്ങളിൽ ഞാൻ ചൈതന്യമാണ് ചേതനയാണ ജീവനാണ് അടുത്ത ശ്ലോകം രുദ്രാണസ്മ വിശോ യക്ഷരക്ഷസ വസൂനം പാവകേരുണാമഹം രുദ്രന്മാര് പതിനൊന്ന് പേരാണ് ആ പതിനൊന്ന് രുദ്രന്മാരിൽ ഞാൻ ശങ്കരനാണ് രുദ്രന്മാര് ശിവന്റെ ഒരു പ്രത്യേക രൂപമാണ് അവർ കരയും അവർ കരയിപ്പിക്കുമൊക്കെ ചെയ്യുന്ന അനേകരുദ്രന്മാരുണ്ട് തീർത്ഥക്ഷേത്രങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ പ്രത്യേകിച്ച് വളരെ ജാഗ്രതയായിട്ടിരിക്കണം രുദ്രന്മാര് പല രൂപത്തിലും നടന്നുകൊണ്ടിരിക്കും അത്ര തീർത്ഥക്ഷേത്രങ്ങൾ തീർത്ഥാനി പ്രചരന്തി സൃകാവന്തോനുശങ്കിണ പക്ഷികളായിട്ടും മൃഗങ്ങളായിട്ടും ഒക്കെ രുദ്രന്മാരുണ്ടാവുന്നതാണ് വേദം പറയണത് ആ രുദ്രന് രുദ്രന്മാരിൽ ഏറ്റവും ശാന്തമായ ദക്ഷിണാമൂർത്തി സ്വരൂപം എന്ന് നമ്മൾ പറയണം സദാശിവൻ അങ്ങനെയുള്ള സ്വരൂപമാണ് ശങ്കറ ശംകരോതി ശങ്കറ അതുകൊണ്ട് ഇവിടെ ഭഗവാൻ പറഞ്ഞു രുദ്രാണാം ശങ്കരശാസ്മി ഞാൻ രുദ്രന്മാരില് ശങ്കരനാണ് രുദ്രാണാം ശങ്കരശ്ശാസ്മി വിഷോ യക്ഷം യക്ഷന്മാർക്കും നേതാവാണ് കുബേരൻ വിത്തേഷൻ എന്ന് വെച്ചാൽ കുബേരൻ കുബേരനാണ് ഞാൻ വിത്തേശോ യക്ഷം വസൂനാം അഷ്ട വസ്തുക്കൾക്ക് വസൂനാം പാവകുക്കളിൽ ഞാൻ അഗ്നിയാണ് മേരു ശിഖരിഹം പർവതങ്ങളില് മഹാമേരുപർ അടുത്ത ശ്ലോകം പുരോധസാം മുഖ്യം മാം വിധി പാർ सेनानी സേനീനഹം സ്കന്ദ സരസാമസ്മി സാഗരഹസാംച്ച് ആചാര്യന്മാരുടെ കൂട്ടത്തില് പുരോഹിതന്മാരുടെ കൂട്ടത്തില് വിദ്യപാർത്ഥ ബൃഹസ്പതി മുഖ്യനായ ബൃഹസ്പതിയാണ് ഞാൻ ദേവ പുരോഹിതനായ ബൃഹസ്പതി ഞാനാണ് ബൃഹസ്പതിയായിട്ടിരിക്കണത്തെ ഞാനാണ് അതുകൊണ്ട് പുരോഹിതനെ വളരെ ജാഗ്രതയോടെ ഭക്തിയോടുകൂടെ ഭഗവത് സ്വരൂപമായിട്ട് കരുതിക്കൊള്ളണം ബൃഹസ്പതിയെ ഇന്ദ്രൻ അപമാനിച്ചു അപ്പോൾ ബൃഹസ്പതി മറഞ്ഞുപോയി അപ്പോഴാണ് ദേവന്മാരുടെ കഷ്ടകാലം മുഴുവൻ തുടങ്ങിയത് ഭാഗവതത്തിൽ വരണു ബൃഹസ്പതി അപമാനിച്ചു ബൃഹസ്പതി അപമാനിച്ചതോടുകൂടി ദേവന്മാരുടെ ശക്തി ദേവന്മാര് ഉയർന്ന ജന്മമായിരുന്നിട്ടും അസുരന്മാർക്ക് ശക്തി കൂടിപ്പോയി അപ്പോ ഒരു സമയം ദേവേന്ദ്രൻ ബൃഹസ്പതിയോട് ചെന്ന് ചോദിച്ചു അസുരന്മാർക്ക് ഇത്രയധികം ശക്തി വരാൻ കാരണം എന്താ അപ്പൊ പറഞ്ഞു അസുരരാജാവായ മഹാബലി അവരുടെ ഗുരുവായ ശുക്രാചാര്യരുടെ അടുത്ത് വളരെ ഭക്തിയോടെ ഇരിക്കുന്നു ശിഷ്യായ ഉപഭൃതം തേജ ഭൃഗുബിഹി ബ്രഹ്മവാദി ബിഹി ആ ബ്രഹ്മവാദിയായ ഭൃഗു തന്റെ ശിഷ്യന് പ്രത്യേക ചില ശക്തികളും തേജസ്സൊക്കെ കൊടുത്തിരിക്കുന്നു അപ്പൊ ഇന്ദ്രൻ ദിവസ ബൃഹസ്പതിയുടെ അടുത്ത് പറഞ്ഞു നിങ്ങൾക്കും ഞങ്ങള് സാലറി തന്നു വെച്ചിരിക്കണു ഞങ്ങൾക്ക് എന്താ വന്നത് ഇങ്ങി തന്നെ കുഴപ്പം അവിടെ മഹാബലി നല്ല ഭക്തിയോടെ ശ്രദ്ധയോടെ ഭഗവത് സ്വരൂപമായിട്ട് കരുതികൊണ്ടാണ് ഗുരുവിന്റെ അടുത്തിരിക്കണത് നിങ്ങൾക്ക് എന്നോട് ബഹുമാനമില്ല ബഹുമാനം ഉണ്ടെങ്കിലേ അത് വരുള്ളൂ അല്ലെങ്കി അത് തരാനൊന്നും പറ്റില്ല അങ്ങനെയാണ് അത്ര ദേവന്മാർക്ക് പോലും വൈഭവം നഷ്ടമായി പോയത് അതുകൊണ്ട് പുരോതസാംച്ച ബൃഹസ്പതി സേനാനികളിൽ സ്കന്ദൻ തം സ്കന്ധിത്യാചക്ഷത്തെ സ്കന്ദൻ ദേവസേനാപതിയാണ് വാസ്തവത്തിൽ ഈ ദേവസേനാപതിയായ സ്കന്ദനെയാണ് നമ്മൾ തമിഴ്നാട്ടിൽ മുരുകൻ എന്ന് പറയുന്നത് പക്ഷേ മുരുകൻ എന്നുള്ള കഥാപാത്രം പുരാണങ്ങളിലൊന്നും കാണില്ല അവിടെ സ്കന്ദനാണ് സുബ്രഹ്മണ്യൻ സ്കന്ദൻ നാഗസ്വാമിയാണ് കർണാടകത്തിലൊക്കെ പോയത് ഈ സുബ്രഹ്മണ്യൻ തന്നെയാണ് വേദത്തിൽ കാണുന്ന സ്കന്ദനായിട്ട് സ്കന്ദൻ തന്നെയാണ് സനത് ഉപനിഷത്ത് പറയുന്നു സനത്കുമാരൻ നാരദന് ഉപദേശിച്ചിട്ട് പറഞ്ഞു തം സ്കന്ധ ഇത്യാചക്ഷതേ സനത്കുമാരനെയാണ് സ്കന്ധനെന്ന് പറഞ്ഞത് പറഞ്ഞു അതെന്താ കഥ സനത്കുമാറിനെങ്ങനെ സ്കന്ദനായെന്ന് വെച്ചാൽ സനത് കുമാറിന് ഈ വേദം കുറെ കേട്ടു അത്രയും ഒരുപാട് നിയമങ്ങൾ വിധികൾ ഉണ്ട് നമുക്ക് സമ്പ്രദായം ഒന്നും അറിയാത്തോണ്ട് പലതും പലപ്പോഴും അറിയില്ല സന്യാസികൾ ബ്രഹ്മചാരികൾ നൈഷ്ഠിക ബ്രഹ്മചാരികൾ പരമഹംശ സന്യാസികളൊക്കെ വേദത്തിലുള്ള പൂർവ്വഭാഗം കേൾക്കാനേ പാടില്ല എന്നാണ് സന്യാസത്തിന് വന്നുകഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ അതിൽ യുദ്ധം ലൗകിക വിഷയങ്ങള് ഗൃഹസ്ഥ ധർമ്മങ്ങളൊക്കെ ഉണ്ടാവും ഇതൊന്നും കേൾക്കാൻ പാടില്ല എന്നാണ് ഒരിക്കലും സനത് അത് കേട്ടു കേട്ടപ്പോ യുദ്ധം ചെയ്യുന്നതായിട്ടും ദേവാസുര സയ്യത്താ ഹസൻ ഇടയ്ക്കിടയ്ക്ക് വേദം പറയും ആ യുദ്ധത്തിൽ താൻ നിൽക്കുന്നതായിട്ടും ഒരു സ്വപ്നം കണ്ടു അപ്പൊ ബ്രഹ്മാവിന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു ഇപ്പം ഞാനെന്നാ സ്വപ്നം കാണുമെന്ന് പതിവില്ല ഒരു സ്വപ്നം കണ്ടു ബ്രഹ്മാവ് പറഞ്ഞു അങ്ങ് സത്യസങ്കല്പനാണല്ലോ സത്യസങ്കല്പന്മാർക്ക് ഒരു സ്വപ്നം കണ്ടാൽ നടക്കാതെ നിവൃത്തിയില്ല അപ്പം എന്തു ചെയ്യും നടന്നേ വെക്കൂ ആ നടക്കാൻ നടന്നോട്ടേന്ന് വെച്ചു അതൊന്നും കണക്കാക്കിയില്ല അപ്പോഴാണ് ശിവനും പാർവതിയും കൂടെ ഇങ്ങനെ ആകാശത്തിൽ പോണത് പാർവതീദേവി സനത്കുമാറിനെ കണ്ടപ്പോ പറഞ്ഞു എന്തൊരു തേജസ് എന്തൊരു ബ്രഹ്മനിഷ്ഠ ഒന്നു പോയി കണ്ടിട്ട് വരാമെന്നു അപ്പൊ ശിവനെയും കൂട്ടിക്കൊണ്ടുവന്നു ശിവൻ വന്നപ്പോ സനത്കുമാറിന് ഒരു വ്യത്യാസവും ഇല്ല ബഹുമാനമോ അപമാനമോ ഒന്നുമില്ല സർവ സമഭാവം ഒരു ചലനമില്ലാതെ നിർവികൽപ്പമായിട്ടിരിക്കാം അപ്പൊ ശിവൻ ചോദിച്ചു എനക്ക് എന്തെങ്കിലും വരം തരണമെന്നോ സനത് കുമാരൻ പറഞ്ഞു എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിലെ വരം ഒന്നും വേണ്ട അല്ല എന്നാൽ ഇപ്പൊ ഞങ്ങൾക്കൊരു കുഴപ്പമെന്താന്ന് വെച്ചാൽ ആരുടെ മുമ്പ് ചാടിയാൽ എന്തെങ്കിലും വരമോ ശാപമോ എന്തെങ്കിലും കൊടുക്കണം വരെ നിവർത്തിയില്ല ദേവന്മാരുടെ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു ശിവൻ അപ്പൊ പറഞ്ഞു എനിക്ക് ചോദിക്കാനൊന്നുമില്ല നിങ്ങൾ വേണമെങ്കിൽ വല്ലതും ചോദിച്ചോളൂന്ന് പറഞ്ഞു അത്ര പാർവതി പരമേശ്വരന്മാരോട് അപ്പൊ പാർവതി ദേവി ശിവനോട് പറഞ്ഞു ഇതാണ് അദ്ദേഹം സനത് കുമാരൻ നമുക്ക് പുത്രനായിട്ട് ജനിക്കണം എന്നു അപ്പൊ ശിവൻ പറഞ്ഞു സനത് കുമാറിൻ്റെ അടുത്ത് നീ ഞങ്ങൾക്ക് പുത്രനായിട്ട് എനിക്ക് പുത്രനായിട്ട് ജനിക്കണമെന്ന് ഞങ്ങൾക്ക് എന്നല്ല അപ്പൊ സനത് പറഞ്ഞു എന്നാ അങ്ങനെ ആവട്ടെ നിങ്ങൾക്ക് മാത്രമാണ് ചോദിച്ചിരിക്കണത് അതുകൊണ്ട് സ്വയം പ്രസവിക്കാൻ വഴിയുണ്ടോ നോക്കിക്കോളൂ സ്ത്രീ ഗർഭത്തിൽ ഞാൻ പ്രവേശിക്കില്ലാന്ന് പറഞ്ഞു അങ്ങനെയാണ് ശിവന്റെ ഭ്രൂമധ്യത്തിൽ നിന്നും സ്കന്ധനുണ്ടായത് എന്നാണ് ജ്യോതിർമയമായിട്ട് ജ്ഞാനാഗ്നിയിൽ നിന്നും ജനിച്ചത് എന്നാണ് കഥ സുബ്രഹ്മണ്യന്റെ അപ്പോ തം സ്കന്ധ ഇത്യാചക്ഷത്തെ സനത്കുമാരഹാം അദ്ദേഹമാണ് സ്കന്ധൻ സേനാനീനാമ അങ്ങനെയാണ് ദേവസേനാപതിയായിട്ട് വരണതും സേനാനീനാമഹം സ്കന്ധ സരസ് സരസ് എന്ന് വെച്ച ലേക്ക് അതില് സാഗരമാണ് സരസുകളൊക്കെ സാഗരമാണോ സാഗരവും ഒരു സരസാണെന്നാണ് പറയുന്നത് വല്യ സരസ് തിരുവണ്ണാമലെ ഒരു ഏരിയെന്ന് പറയും തമിഴ്നാട്ടില് ലേക്കിന് നമ്മളെന്താ പറയാ കായലിന് കായലെന്ന് പറയാൻ വയ്യ വല്യ കുളം വല്യ ബൃഹത്തായിട്ടുള്ള കുളം എന്താ ആ കുളം തന്നെ അല്ലേ തടാകം വലിയ കുളം അത്രയേ ഉള്ളൂ അതിനെയാണ് അവർ ഏരി എന്ന് പറയും അത് വളരെ വലുതാവുമ്പോൾ അതിനെ ഏരിയ എന്ന് പറയും സമുദ്രം ഏരിയ എന്ന് പറഞ്ഞിട്ടാണ് ഒരു സ്ഥലം തിരുവണ്ണാമൻ എന്താ സമുദ്രം ഏരി വരാൻ കാരണം എന്ന് വെച്ചാൽ അവിടുത്തെ രാജാ റാണിക്ക് കടൽ കാണണമെന്ന് ആഗ്രഹം അത്ര അപ്പൊ കുറെ ദൂരം പോകാൻ പോയി അപ്പൊ ഒരു കടൽ വെട്ടിക്കാണിച്ച് കൊടുത്തതാണ് ഏകദേശം ഇതുപോലെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് കുറേ വലുതായിട്ട് ഒരു ഒരു സരസുണ്ടാക്കിയെന്നാണ് ആ സരസാണ് അപ്പൊ സമുദ്രമോ വാസ്തവത്തിന് മോള് പോയി നോക്കിയാൽ അതൊരു സരസാണ് അത്രയും വലുപ്പമുള്ള ഒരു രൂപം ഉണ്ടെങ്കിൽ അതൊരു സരസ് അല്ലേ സരസാമസ്മി സാഗര സരസ്സുക്കളിൽ ഞാൻ സാഗരമാണ് അടുത്തത് മഹർഷീണാം ഭൃഗുരഹം ഗിരാമസ്മ്യേകമക്ഷരം യജ്ഞാ ജപയജ്ഞോസ്മി സ്ഥാവരാണാം ഹിമാലയ മഹർഷീണാം ഭൃഗു മഹർഷികളിൽ ഞാൻ ശുക്രാചാര്യരാണ് ശുക്രാചാര്യർക്കും ഭൃഗു ഭാർഗവനും പേരുണ്ട് ഭൃഗു മഹർഷി ഭഗവാനെ തന്നെ പരീക്ഷിച്ച ഭൃഗുണ്ട് ആ ഭൃഗു ഭഗവാന്റെ നെഞ്ചിലിക്ക് ചവിട്ടി നോക്കി വിഷ്ണുവിനെ അപ്പൊ ഭഗവാന് അങ്ങനെയാ അത്രേ ഇവിടെ ശ്രീവത്സം വന്നു തോന്നുന്നു ഭൃഗു ചവിട്ടിട്ട് വിഷ്ണു അപ്പോ അങ്ങയുടെ കാലു വേദനിച്ച് പോടവിക്കൊടുത്തു അത്രേ വിഷ്ണു ആണ് മൂന്ന് ദേവതകളിലും ശാന്തനെന്നും ഭൃഗു തീരുമാനിച്ചു ബാക്കി രണ്ടുപേർക്ക് ദേഷ്യം വന്നാണ് ഭൃഗു പോയ സമയത്ത് രുദ്രനും ബ്രഹ്മാവനും ദേഷ്യം വന്നു അപ്പൊ ആ ഭൃഗു നമ്മുടെ പാർട്ടിയാണെന്നാണ് പറയണത് ഭഗവാൻ മഹർഷീണാം ഭൃഗുരഹം ഭാർഗവൻ വൈഷ്ണവഗോത്രോദ്ഭവനാണ് അതുകൊണ്ട് ഭൃഗു മഹർഷീണാം ഭൃഗുരഹം ഗിരാമസ്മി ഏകം അക്ഷരം വാക്കുകളിൽ ഞാൻ പ്രണവമാണ് ബീജാക്ഷരങ്ങളൊക്കെ ഏകാക്ഷരങ്ങളാണ് രണ്ടക്ഷരമായ അത് മന്ത്രമാവും നാമമാവും ശബ്ദമാവും ഓരോരോ അക്ഷരമായാൽ ഏതൊന്നും ബീജമായിട്ട് തീരും ഓരോരോ അക്ഷരമായിട്ട് നിന്ന് കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഒരക്ഷരം മാത്രമായിട്ട് ജപിക്കാൻ പാടില്ല എന്നൊക്കെ പറയും എന്താണെന്ന് വെച്ചാൽ അത് ബീജാക്ഷരമായിട്ട് തീരുന്ന ബീജമായിട്ട് ശബ്ദം ധ്വനി മാത്രമായിട്ട് ഏകമക്ഷരം ഏകമക്ഷരം ആത്മാവാണ് ആത്മാവിന്റെ സ്വരൂപം തന്നെ ഏകമക്ഷരം ഏകമായ അക്ഷരമാണ് വാക്കുകളിൽ ഞാൻ പ്രണവമാണ് പ്രണവം ഏകാക്ഷരമാണല്ലോ ഇതൊക്കെ വിസ്തരിച്ച് പറയേണ്ട ശ്ലോകങ്ങളാണ് അത് നമ്മൾ അടുത്ത പ്രാവശ്യം പറയുമ്പോൾ ഇത് വീണ്ടും സാധിക്കുമെങ്കിൽ നിങ്ങൾ ഓർമ്മ വെച്ചിട്ടുണ്ടെങ്കിൽ പറയാം ഞാൻ ഓർമ്മ വെച്ചിട്ടൊന്നും പറയ നിങ്ങൾ ഓർമ്മ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ശ്ലോകങ്ങൾ ജപയജ്ഞം ഇരാമസ്മിയേക്കം അക്ഷരമൊക്കെ ഒരുപക്ഷെ നിങ്ങൾ ഓർമ്മ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് സാധ്യത ഉണ്ടെങ്കിൽ അപ്പം നമുക്ക് പിന്നെ നോക്കാം